റസൂൽ ഹിസ്അഅലി വസ്ല്ലം അവിടുന്ന് ഈ ധാവത്തിൽ എന്നാൽ ക്ഷമയോടുകൂടി ഉറച്ചു നിന്നു അങ്ങനെ കൊറൈഷികൾ റസൂൾ ഭീഷണിപ്പെടുത്തുന്നുണ്ട് സഹാബികളെ ഭീഷണിപ്പെടുത്തുന്നുണ്ട് അവസാന ശ്രമം എന്ന നിലക്ക് അവർ അബു താലിമിന്റെ അടുക്കിലേക്ക് ചെന്നു ആ കൂട്ടത്തിൽ അബു ജഹലും ഉണ്ട് അതുപോലെ തന്നെബയും ഷൈബയും ഉണ്ട് വലീദിന് മുഖേറയും ആസുബിന് വായിലുമുണ്ട് വേറെയും മുഷരിക്കുകളുടെ നേതാക്കന്മാരുണ്ട് അവർ അബൂതാലിബിന്റെ അടുക്കൽ ചെന്നുകൊണ്ട് പറഞ്ഞു ഞങ്ങളുടെ ആരാധ്യ വസ്തുക്കളെ ചീത്ത പറയാൻ തുടങ്ങിയിരിക്കുന്നു ചീത്ത പറയെന്ന് പറഞ്ഞാൽ അതിനെ ആക്ഷേപിക്കാൻ തുടങ്ങിയിരിക്കുന്നു അതിന്റെ പോരായ്മകൾ എടുത്തു പറയാൻ തുടങ്ങിയിരിക്കുന്നു ഞങ്ങളുടെ ദീനിനെ കുറ്റം പറയാൻ തുടങ്ങിയിരിക്കുന്നു ഞങ്ങൾ ഈ നിലകൊള്ളുന്ന മാർഗം അതെല്ലാം വിഡിത്തമാണ് എന്നാണ് അവൻ പറയുന്നത് ഞങ്ങൾ ഈ ആരാധിക്കുന്നതൊക്കെ അങ്ങേയറ്റം വിഡ്ഡിത്തമാണ് എന്നാണ് അവൻ പറയുന്നത് ഞങ്ങളൊക്കെ ബുദ്ധിയില്ലാത്ത ആളുകളാണ് അത്ര ഞങ്ങളുടെ പിതാക്കന്മാർ അവരെല്ലാം വടികേടിലായിരുന്നു എന്നാണ് മുഹമ്മദ് പറയുന്നത് ഒന്നല്ലെങ്കിൽ മുഹമ്മദിനെ ഈ പറയുന്ന വർത്തമാനത്തിൽ നിന്ന് നിങ്ങൾ തടഞ്ഞു വയ്ക്കുക അല്ലെങ്കിൽ മുഹമ്മദിനെ സംരക്ഷിക്കുന്ന നിങ്ങളുടെ ഈ തീരുമാനം നിങ്ങൾ എടുത്തു ഞങ്ങൾക്ക് അവനെ വിട്ടുതരണം എന്ന് ഈ പറഞ്ഞ ആളുകൾ അബൂ താലിബിന്റെ അടുക്കൽ പോയി ആവശ്യപ്പെട്ടു നോക്കു നിങ്ങൾ അവരുടെ വാക്കുകൾ ഞാനത് പ്രത്യേകം അവിടെ ഉദ്ധരിക്കാനുള്ള കാരണം നബിസാഹു അലഹി വസ്ല്ലമയുടെ ദൗവത്തിനെതിരെ അവർ പറഞ്ഞ ആരോപണങ്ങൾ ഇതിലുണ്ട് റസൂലുള്ളയുടെ ദൌഹത്തിൽ എന്തായിരുന്നു എന്നും ഇതിലുണ്ട് റസൂൽ അള്ളഹിസ്വലം അവരിൽ അവർ അവിടുത്തെ പ്രബോധനത്തിൽ അവർക്കുണ്ടായിരുന്ന പ്രധാന പ്രശ്നം അവരുടെ ഷിർക്കിനെ എതിർത്തു എന്നതാണ് ദാവത്തിന്റെ ആളുകൾ ദാവത്തിലേക്ക് ഇറങ്ങുന്നവർ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളിൽ ഒന്നിലാണ് ഷിർക്കിനെ എതിർക്കുക എന്നത് നമ്മുടെ പ്രബോധനത്തിന്റെ വലിയൊരു ഭാഗമാണ് പക്ഷെ അത് അങ്ങേയറ്റം ഹിഗ്മത്തോടുകൂടിയായിരിക്കണം അവർക്ക് മനസ്സിലാക്കുന്ന രൂപത്തിലായിരിക്കണം എന്നാൽ അതോടൊപ്പം ഷിർഖിന്റെ ഗൗരവം അവർക്ക് ബോധ്യപ്പെടണം അവർക്ക് ഒരു പ്രയാസമില്ലാത്തതുപോലെ പറയുക എന്നത് ധാവത്തിൽ സാധിക്കുന്ന കാര്യമല്ല ഏറ്റവും നസീഹത്തുള്ള ഏറ്റവും നല്ല സ്വഭാവം ഉണ്ടായിരുന്ന ഏറ്റവും സ്വാധിക്കായിരുന്ന റസൂൽ അലി വസ്ല്ലം അവിടുന്ന് ധാവത്തെ നടത്തിയപ്പോൾ പ്രയാസം ഉണ്ടായിട്ടുണ്ട് അങ്ങനെയാണെങ്കിൽ സ്വഭാവത്തിൽ പല പ്രശ്നങ്ങളുമുള്ള അവിടത്തെ പൂർണതയില്ലാത്ത ജനങ്ങൾക്കിടയിൽ അവിടുത്തെ സ്ഥാനമില്ലാത്ത റസൂർഹി സാഹുഅലഹി വസല്ലമക്കുണ്ടായിരുന്ന നസീഹത്തില്ലാത്ത നമ്മൾക്ക് പ്രയാസങ്ങൾ ഉണ്ടായിട്ടില്ലെങ്കിൽ അത്ഭുതമുള്ളൂ അതുകൊണ്ട് നമ്മൾ ഈ പറഞ്ഞ കാര്യം ഏറ്റവും ശ്രദ്ധിക്കണം ഒരാളുടെ നസീഹത്തിന്റെ അടയാളങ്ങളിൽ പെട്ടതാണ് ശിരുക്കിൽ നിന്നായാൽ ജനങ്ങളെ താക്കീത് ചെയ്തുകൊണ്ടിരിക്കുക എന്നത് നമ്മൾ ഏറ്റവും ശ്രദ്ധിക്കേണ്ട കാര്യമാണ് ഏറ്റവും വലിയ തിന്മയാണത് ആ കാര്യമാണ് ബി സാഹു അലി വസ്ല്ലം അവിടുത്തെ അവിടത്തിന്റെ തുടക്കത്തിലും അവസാനത്തിലും ഒക്കെ പറഞ്ഞത് ശരി അബൂ താലിബ് ഇതൊക്കെ കേട്ടപ്പോൾ അവരോട് നല്ല വാക്കുകളൊക്കെ പറഞ്ഞ് നമുക്കൊക്കെ പരിഹരിക്കാം എന്നൊക്കെ പറഞ്ഞ് അബു താലിബ് അവരെ തിരിച്ചു പറഞ്ഞയച്ചു ഈ സന്ദർഭത്തിൽ നടന്ന പ്രധാനപ്പെട്ട സംഭവങ്ങളിൽ ഒരു കാര്യമാണ് വലീദിന് മുഖിയറയുമായി ഉണ്ടാകുന്ന സംഭവം അല്ല വലീദിൻ മുഖിയറ ഉറൈഷികൾക്കിടയിൽ വളരെ ആദരിക്കപ്പെടുന്ന വ്യക്തിയാണ് അയാൾക്ക് വലിയ കവിതകളുണ്ട് അറബികൾക്കിടയിൽ വളരെ പ്രസിദ്ധനാണ് വലിതു പിന്മുഖേറൊരിക്കൽ അബ്സുല്ലാ വസ്സലമിന്റെ അടുക്കൽ വന്നു ഇതൊക്കെ റസൂള്ളയുടെ പ്രബോധനത്തിന്റെ ആദ്യ സംഭവിച്ച ചില സംഭവങ്ങളാണ് അയാൾ വന്നിട്ടുണ്ട് അബ്സല്ലാ വസ്സലാമിന്റെ ഖുർആൻ ഓതാൻ പറഞ്ഞു അങ്ങനെ റസൂൾ ഖുർആാനോ ഓദിയപ്പോൾ അയാൾക്ക് അതിനോട് വല്ലാത്ത മാനസികമായ അടുപ്പമുണ്ടായി അയാൾക്ക് അത് അത്ഭുതപ്പെടുത്തുന്ന കാര്യമായി അനുഭവപ്പെട്ടു വലീദ് അബ്ലി മുഖേറയാകട്ടെ അവരുടെ കൂട്ടത്തിൽ വളരെ സാഹിത്യത്തിൽ കഴിവുണ്ടായിരുന്നയാളാണ് അങ്ങനെ അയാൾ ഖുർആാനിനെ പറ്റി ചില നല്ല വാക്കുകൾ പറഞ്ഞു ഇത് കേട്ട ഉടൻ അബൂജഹൽ വലീദുബ് മുഖേറയുടെ അടുക്കലേക്ക് ചെന്നു എന്നിട്ട് അദ്ദേഹത്തോട് പറഞ്ഞു വലീദ് നിങ്ങൾക്ക് അറബികൾ കുറെ സമ്പാദ്യം ഒരുക്കൂട്ടുന്നുണ്ട് നിങ്ങൾ കുറെ പൈസ തരാൻ അപ്പോൾ വലീദിന് മുഖീർ അയാൾ പറഞ്ഞു ഞാൻ അറബികളുടെ കൂട്ടത്തിൽ നല്ല സമ്പാദ്യമുള്ളയാളാണെന്ന് എനിക്കറിയാം പിന്നെന്തിനാണ് എനിക്ക് പൈസ അപ്പോൾ അബു ജഹൽ അവൻ പറഞ്ഞു അങ്ങനെയാണെങ്കിൽ മുഹമ്മദിന്റെ കാര്യത്തിൽ നീ എന്തൊക്കെയോ പറഞ്ഞിട്ടുണ്ട് എന്ന് ഞാൻ കേട്ടു അവന്റെ കാര്യത്തിൽ ജനങ്ങളെ അകറ്റുന്ന എന്തെങ്കിലും ഒരു കാര്യം നീ സംസാരിക്കണമില്ലെങ്കിൽ നിന്നെ ഞങ്ങൾ ഉപദ്രവിക്കും ശികളല്ലേ ഒന്നല്ലെങ്കിൽ പൈസ കൊടുത്തിട്ട് ഭീഷണിപ്പെടുത്തിന്റെ നിങ്ങളുടെ കൂട്ടത്തിൽ എന്നെക്കാൾ കവിതയെ കുറിച്ച് അറിവുള്ള ഒറ്റരാളില്ല പറയുന്ന വർത്തമാനം അത് ഈ പറഞ്ഞ കവിതയോടൊന്നും സാദൃശ്യമുള്ളതല്ല അറബി കവിതകൾ വായിച്ച ആളുകൾക്കറിയാം ഖുർആാനും കവിതയും തമ്മിൽ നല്ല വ്യത്യാസമുണ്ട് വളരെ പ്രകടമായി കാണാവുന്ന വ്യത്യാസം അറബിയിലെ കവിതകളുമായ യാതൊരു ബന്ധവും അതിന് കാണുന്നില്ല അഹമ്മദിന്റെ വർത്തമാനത്തിന് വല്ലാത്ത ഭംഗിയുണ്ട് വല്ലാത്ത മധുരമുണ്ട് അതിൽ വല്ലാത്ത ഭംഗിയും സൗന്ദര്യവുമുണ്ട് അതെന്തായാലും എല്ലാത്തിനെയും കീഴടക്കും അതിനെ ഒന്നിനും തോൽപ്പിക്കാൻ സാധിക്കുകയില്ല അത് അതിന്റെ കീഴിലുള്ള എല്ലാത്തിനെയും തകർത്തു കളയുന്ന വാക്കുകളാണ് അപ്പോൾ അബൂജഹൽ പറഞ്ഞു ഇങ്ങനെയൊന്നും പറഞ്ഞാൽ ശരിയാവില്ല മുഹമ്മദിനെ എന്തെങ്കിലും നിന്റെ ജനങ്ങളോട് കുറ്റമായി പറയണം അവൻ ആക്ഷേപിച്ചുകൊണ്ട് നീ എന്തെങ്കിലും സംസാരിക്കണം അപ്പോൾ വലീദുബിനും മുഖീറയാൾ പറഞ്ഞു നീ ഒരു കാര്യം ചെയ്ത് തിരിച്ചു പോകും ഞാൻ ചിന്തിക്കട്ടെ എന്ത് പറയണമെന്ന് അങ്ങനെ വലീദുബിനും അയാൾ അവസാനം ഗത്യന്തരമില്ലാതെ ജനങ്ങൾക്കിടയിൽ അയാളുടെ സ്ഥാനം നഷ്ടപ്പെടുമെന്ന പേടികൊണ്ട് മാത്രം അയാൾ ജനങ്ങൾക്കിടയിൽ വന്നുകൊണ്ട് പറഞ്ഞു ഹാ സിഹറു ഇത് ഇവനാരോ പഠിപ്പിച്ചു കൊടുത്ത എന്തോ സിഹറാണ് മാരണമാണ് വലീദുബുൽ മുറ അന്ന് മക്കാർക്കിടയിൽ വലിയ സ്ഥാനമുള്ളയാളാണ് അതുകൊണ്ട് തന്നെ അയാളുടെ വാക്കിന് അവർക്ക് വലിയ പരിഗണനയുണ്ട് അങ്ങനെയാണ് വിശുദ്ധ ഖുർആാനിൽ സൂറത്തുൽ മുദ്ദിരിൽ വലിയൊരു ഭാഗമായത്തുകൾ അള്ളാഹു സുബാനുഹൂദുബു മുഹീറയെ ആക്ഷേപിച്ചുകൊണ്ട് അവതരിപ്പിച്ചത് അള്ളാഹു പറഞ്ഞു ഞാൻ ഒറ്റക്ക് പടച്ചവനെയും എന്നെയും നിങ്ങൾ വെറുതെ വിടുക അവന്റെ കാര്യം ഞാൻ ഏറ്റെടുത്തിട്ടുണ്ട് എന്ന് തുടങ്ങുന്ന ആയത്തുകൾ അവതരിപ്പിച്ചത് വലിയറയുടെ കാര്യത്തിലാണ് റസൂൾ അവത്ത് ആരംഭിച്ച സന്ദർഭത്തിൽ അത് കലുഷിതമാണ് ആകെ പ്രശ്നങ്ങളാണ് അവരുടെ നാട്ടുകാർ അവിടുത്തെ നാട്ടുകാർ ഉണ്ടാക്കി ഇതുപോലെ അവിടത്തുള്ള വലിയ വലിയ നേതാക്കന്മാർ റസൂളക്കെതിരെ സംസാരിക്കുന്നു ജനങ്ങളെല്ലാവരും അവിടുത്തെ സംരക്ഷിക്കുന്ന അബൂതാലുവിന്റെ അടുക്കൽ ചെല്ലുകയും മുഹമ്മദിനെ ഒട്ടു നൽകണമെന്ന് ആവശ്യപ്പെടുകയും ചെയ്യുന്നു ഇത്ര പ്രശ്നങ്ങൾക്കിടയിലാണ് നബിസ്വല്ലാഹു അലൈഹി വസ്ല്ലമയുടെ ദാവത്ത് അതിന്റെ ആദ്യ കാലഘട്ടം നീങ്ങിയത് നബിസ്വല്ലാഹ് അലൈഹി വസ്ല്ലം അവിടുത്തെ ദാവത്ത് വ്യാപകമായി നടത്തി അതിൽ പെട്ടതായിരുന്നു അങ്ങാടികളിലേക്ക് പോകും അത് അവിടുത്തെ ദാവത്തിന്റെ അങ്ങാടികളിൽ പോയി ഉയരമുള്ള ഒരു പ്രദേശത്തിന് വിശ്വാസം നിൽക്കും എന്നിട്ട് റസൂള്ള പ്രസംഗിക്കും ഉച്ചത്തിൽ പ്രസംഗിക്കും ചന്തയിൽ പോകും ചന്തയിൽ പോകും അങ്ങനെ പല ചന്തകളിലും സാഹുല ഉയരമുള്ള ആളുകൾ ഒരുമിച്ചു കൂടുന്ന സ്ഥലത്തെല്ലാം റസൂൾ ഉള്ള കയറിൽ നിന്ന് പ്രസംഗിക്കും ചില സഹാദികൾ പറയുന്ന റസൂള്ള പ്രസംഗിക്കുമ്പോ അവിടുന്ന് പറയും നിങ്ങൾക്ക് വിജയിക്കാം അവർ പറയുകയാണ് സഹാബികൾ പറയുകയാണ് അവർ ചെറിയ പ്രായത്തിൽ കണ്ട കാഴ്ചയാണ് അത് റസൂള്ള ആദ്യമായി കണ്ട സന്ദർഭാൻ അപ്പോൾ റസൂൾ പിന്നിൽ നിന്ന് അബൂ ലഹബ് അവൻ ഇങ്ങനെ മണ്ണുവാരി അറിയും എന്നിട്ട് അവൻ പറയും ജനങ്ങളെ ദൈവം കള്ളനു ലൊരിക്കലും അവനെ സത്യപ്പെടുത്തരുത് എന്നാൽ അബുസല്ലാ അലി വസ്സലാം അബുൽ അഹബിന്റെ ഭാഗത്തേക്ക് തിരിഞ്ഞു നോക്കുകയില്ല നിങ്ങൾ ചിന്തിച്ചു നോക്കൂ ആ രാവത്ത് റസൂല അനുഭവിച്ച പ്രയാസം ചന്തയിൽ അങ്ങാടിയിൽ ഉയരത്തിൽ നിന്ന് സംസാരിക്കണം അവിടുത്തെ എതിർക്കുന്ന അവിടുത്തെ എളാപ്പേൺ റസൂള ഇന്നുവരെ കളവ് പറഞ്ഞിട്ടില്ല ഒരിക്കൽ പോലും കളവ് അറിഞ്ഞിട്ടില്ല പക്ഷെ ആ റസൂലിനെ കുറിച്ച് പറഞ്ഞു ഇന്ന് ഹുഖും കള്ളനാണ് മാരണക്കാരനാണ് എന്നാൽ അബ്സല്ലാ വസ്സലാം അതിലേക്ക് തിരിഞ്ഞു നോക്കുക പോലും ചെയ്യില്ല മാത്രമല്ല നബിസൊല്ലാഹുഅലി വസല്ലം ഹജ്ജിന്റെ സന്ദർഭങ്ങളിൽ ജനങ്ങൾ കൂടുന്ന വഴികളിലെല്ലാം റസൂൾ അലി വസല്ലം പോയി സംസാരിക്കും അപ്പൊ ഇത് കണ്ടറിഞ്ഞ് മുഷരിക്കജ്ജിന് വരുന്ന ആളുകൾ അവർ വരുന്ന വഴികളിൽ റസൂൾ മുൻപിൽ പോയി നിൽക്കും എന്നിട്ട് അവരോട് പറയുന്നത് ആ മക്കയിൽ കയറിക്കഴിഞ്ഞാൽ ഒരുത്തൻ മുഹമ്മദ് എന്ന പേരിൽ ഒരുത്തൻ വരാനുണ്ട് അവൻ തനിച്ച സാഹറാൻ അവന്റെ വർത്തമാനം നിങ്ങൾ കേട്ടു കഴിഞ്ഞാൽ അത് വീണു അതുകൊണ്ട് അവന്റെ സംസാരം കേൾക്കരുത് ഇങ്ങനെ എല്ലാ നിലക്കും അലഹി വസ്സലമയുടെ പ്രബോധനത്തിൽ നിന്ന് പുറേശികൾ ജനങ്ങളെ തിരിച്ചു കളയുകയും അവരകറ്റുകയും ചെയ്തിരുന്നു ഇതൊക്കെ മക്ക കാലഘട്ടത്തിൽ സംഭവിച്ച ചില കാര്യങ്ങളാണ് റസൂൾ ഉള്ളാഹിസ്വല്ല അനുഭവിച്ച ദൈവത്തിന്റെ സന്ദർഭത്തിൽ നേരിട്ട അതിന്റെ ചെറിയ ചിത്രമാണ് ഈ പറഞ്ഞതൊക്കെ എത്രയോ സുഹൃത്തുകൾ നിങ്ങൾ നോക്കൂ എത്രയോ സുഹൃത്തുകളിൽ നബിമാരുടെ ചരിത്രം ആവർത്തിച്ചാർത്തിച്ചു പറഞ്ഞതിന് പിന്നിലുള്ള കാരണം പണ്ഡിതന്മാർ പറഞ്ഞു ഒരു കാരണം റസൂളുകളെ ആശ്വസിപ്പിക്കലാൻ അവിടുത്തെ മനസ്സിന്റെ പ്രയാസം കാരണം ഇത് മക്കയിൽ ആദ്യ നടന്ന സംഭവങ്ങളിൽ ചിലതാൻ ഒരു കാര്യം ഒരു സംഭവം കൂടി പറഞ്ഞ് നമുക്ക് അവസാനിപ്പിക്കാം നബ് വസ്സല്ലം അവിടുത്തെ സന്ദർഭങ്ങളിൽ ഒരിക്കൽ കുറൈഷികളിലെ വലിയ നേതാക്കന്മാരെ ഒരുമിച്ച് കൂട്ടി നല്ല പണമുള്ള അധികാരവുമുള്ള ആളുകൾക്കിടയിൽ സ്ഥാനമുള്ള വലിയ വലിയ നേതാക്കന്മാരെ മാത്രം നബിസ് അലിഹു വസ്സല്ലാം ഒരിക്കൽ ഒരുമിച്ചു കൂട്ടി അങ്ങനെ റസൂറുള്ള അവരോട് ഇസ്ലാമിനെ കുറിച്ച് പറഞ്ഞുകൊടുത്തുകൊണ്ടിരിക്കാൻ അപ്പോഴാണ് അബ്ദുള്ള ഹബിൻ ഉമ്മി എന്ന കണ്ണു കാണാത്ത അന്തനായ സഹാബി അവിടേക്ക് കയറി അദ്ദേഹത്തിന് കണ്ണു കാണുകയില്ല അബ്ദുള്ള ഹബിൻ ഉമ്മി അദ്ദേഹം യുടെ കുടുംബത്തിൽപ്പെട്ട ആളാണ് എബിനു മക്തുവും നബിസൊല്ലാഹു അലി ഹുസല്ല അടുക്കലേക്ക് വന്നു എന്നിട്ട് റസൂൾ ഉള്ളയോട് ഖുറാനിലെ ചില കാര്യങ്ങൾ ചോദിക്കാൻ തുടങ്ങി റസൂൾ വലിയ നേതാക്കന്മാരോട് സംസാരിച്ചു കൊണ്ടിരിക്കുകയാണ് അപ്പോൾ നബിസുളം എബിനു മക്തുവും അദ്ദേഹം വന്നപ്പോൾ റസൂറുള്ള തിരിഞ്ഞു കളഞ്ഞു അപ്പോൾ എവിനും മക്കും വീണ്ടും വീണ്ടും റസൂൾ ഉള്ളയോട് വീണ്ടും ചോദിക്കാൻ തുടങ്ങി അദ്ദേഹം തിരിഞ്ഞു പോയില്ല റസൂൾ മറ്റുള്ളവരോട് സംസാരിക്കുന്നത് അദ്ദേഹത്തിന് മനസ്സിലായിട്ടുണ്ടായിരിക്കില്ല അദ്ദേഹം വീണ്ടും അലൈഹി വസ്ല്ലമ്മയോട് ചോദിക്കാൻ തുടങ്ങി അപ്പോൾ റസൂൾ പേടിയായി വലിയ നേതാക്കന്മാരാണ് ഇരിക്കുന്നത് അവരുടെ മുന്നിൽ വെച്ച് ഈ അന്തനെ പരിഗണിച്ചു കഴിഞ്ഞാൽ ഈ കണ്ണു കാണാത്ത ആളെ അടുത്തിരുത്തി കഴിഞ്ഞാൽ അയാളോട് സംസാരിക്കാൻ തുടങ്ങിയാൽ അവർക്ക് ചിലപ്പോൾ നബിയോട് അകൽച്ച ഉണ്ടായേക്കാം അതുകൊണ്ട് അവരെ അകറ്റാതിരിക്കുന്നതിന് വേണ്ടി എബിനുമ്മിമക്ത മുസ്ലിമാണ് അതുകൊണ്ട് അദ്ദേഹത്തോട് പിന്നീടൊരിക്കൽ പറഞ്ഞു കൊടുക്കാം ഇപ്പോൾ ഇസ്ലാം സ്വീകരിക്കാത്ത ഈ ആളുകളെ പരിഗണിക്കാം എബിനുമ്മിമക്തുമേലുള്ള വിശ്വാസം കാരണത്താൽ അംസല്ലാസനം തിരിഞ്ഞറങ്ങും വീണ്ടും എബിനു മക്ത പറഞ്ഞപ്പോൾ സാസ്വനം മുഖം ചൊളിഞ്ഞു അവിടുത്തെ പ്രയാസം പ്രകടമായി അപ്പോഴാണ് അള്ളാഹുദ്ധരിപ്പിച്ചത് അവൻ മുഖം ചൊളിച്ചിരിക്കുന്നു കളഞ്ഞിരിക്കുന്നു കണ്ണുകാണാത്ത ഒരാൾ വന്നപ്പോൾ ആ ആയത്തുകളിൽഹു അലൈഹി വസ്ലമെ കടുത്ത രൂപത്തിൽ ആക്ഷേപിച്ചു ശക്തമായ ആക്ഷേപങ്ങളാണ് ആ ആയത്തിൽ കാണാൻ സാധിക്കുക നിനക്കെന്തറിയാം ലഹു എസ് ചിലപ്പോൾ അദ്ദേഹമായിരിക്കാം നിന്റെ ഉപദേശം സ്വീകരിക്കുന്നത് നിനക്കിത് ആളുകൾക്ക് എത്തിച്ചു കൊടുക്കുക എന്നത് മാത്രമാണ് ബാധ്യതയായിട്ടുള്ളത് വിശ്വാസം അവരുടെ മനസ്സിന്റെ ഉള്ളിൽ കൊണ്ടുപോയി വെച്ചു കൊടുക്കുക എന്ന് നിന്നെ ഏൽപ്പിച്ചിട്ടില്ല അള്ളാഹുവിൽ നിന്നാണ് ഖുർആൻ അവതരിച്ചത് ഏറ്റവും വലിയ തെളിവാണ് നബിസ് അഹ് വസ്ലമയായിരുന്നു ഖുർആാൻ എഴുതിയിരുന്നതെങ്കിൽ ഒരിക്കലും അതിൽ അകസവധവല്ല പോലുള്ളൊരു സൂറത്തുണ്ടാവില്ലായിരുന്നു അത്ര കടുത്ത ആക്ഷേപമാണ് ആ സൂറത്തിൽ നബിസൊല്ലാഹു അലിഹു വസ്ല്ലമക്ക് അള്ളാഹു സുബാനുഭവത്തെ ആല നൽകിയത് അതൊരു ചെറിയ അബദ്ധമായിരുന്നു പക്ഷേ കടുത്ത ആക്ഷേപം നബിസല്ലാഹു അലിഹു വസ്ല്ലം അവിടത്തേക്ക് അള്ളാഹു സുഹാനുഭവത്തെ ആലയിൽ നിന്ന് ആ വിഷയത്തിൽ കേൾക്കേണ്ടി വന്നു പിന്നീട് ചരിത്രത്തിൽ കാണാം ഇബ്രുബി മഖ്തൂമിനെ നബിസ്വല്ലാഹു വസ്ലാം പ്രത്യേകം പരിഗണിക്കാറുണ്ടായിരുന്നുവെന്ന് നമുക്കസൂൾ ചെയ്തത് യഥാർത്ഥത്തിൽ ഒരു തിന്മ എന്ന് പറയാവുന്ന ഒരു വലിയ തിന്മയെന്നു പറയാവുന്ന കാര്യമല്ല മറിച്ച് അവിടുന്ന് ആ സന്ദർഭത്തിൽ ദവത്തിന്റെ ചില മസലാഹത്തുകൾ പരിഗണിച്ചു ഈ വലിയ ആളുകൾ ഇസ്ലാമിലേക്ക് വന്നാൽ അതുകൊണ്ട് ഇസ്ലാമിനും മുസ്ലിമുകൾക്കും ഉണ്ടാകുന്ന നേട്ടം വലുതായി റസൂൾ അള്ളാഹി സ്വലാമെ കണ്ടു അതുകൊണ്ട് മാത്രമാണ് അവിടുന്ന് ആ സന്ദർഭത്തിൽ പരിഗണിക്കാതിരുന്നത് എന്നാൽ അള്ളാഹു സുഹാനഹു വച്ചാല അതിന്റെ പേരിൽ നബി സല്ലാഹു അലൈഹി വസല്ലമെ ആക്ഷേപിക്കുകയുണ്ടായി എന്നത് വിശുദ്ധ ഖുർആാൻ അള്ളാഹുവിൽ നിന്ന് അവതരിപ്പിക്കപ്പെട്ടതാണ് എന്നതിനുള്ള ഏറ്റവും വലിയ തെളിവാണ് മാത്രമല്ല അതിലുള്ള പാഠങ്ങളിൽ ഒരു പാഠമാണ് ദരിദ്രനായ മ്മ്മിനാണ് ധനികനായ കാഫറിനേക്കാൾ നല്ലത് ദരിദ്രനായ മുഹ്മിനെയാണ് ധനികനായ കാറിനെക്കാൾ പരിഗണിക്കേണ്ടത് പല ആൾക്കാരും പൈസയുടെ പേരിലാണ് ആൾക്കാരെ പരിഗണിക്കാം ഇസ്ലാം പരിഗണിക്കുന്നത് ഒരാളുടെ ഈമാനിനെയാണ് അയാളുടെ നന്മകളെയാണ് അത് ഏറ്റവും പരിഗണിക്കപ്പെടേണ്ട കാര്യമാണ് സൂചന ഈ ആയത്തുകളിലുണ്ട് ഇൻഷ അടുത്ത പരസ്യ പ്രബോധനവുമായി ബന്ധപ്പെട്ട് ചില കാര്യങ്ങൾ കൂടി നമുക്ക് ഓർമ്മപ്പെടുത്താം വാർക്കകാല നബീന മഹി വസഭ വസ്